വയാനുത്തിൽ അക്കിൻ അക്കിലിന്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിൽ ഏതുമായ അർത്ഥം വന്നിട്ടുണ്ട് ഏതാണ് ഏറെ ഏതാണ് കുറയുന്ന പറയുന്നത് കനിസ്ഥലപ്പന്നാസാപുത്തിൽ ആവോ ആവുലാപ്പുണ്ട് വലാമാനാലിസ്റ്റ് കാലിമിന് നക്കിന് കലാമി മൺകല്ല തഹസീലു ഒരു കൂട്ടർ കലാമ് നക്കല് ചെയ്തിട്ട് വെറുതെ സമയം കളയുന്നതിന്റെ അർത്ഥമൊന്നുമില്ല എന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഹക്കിലെ ഏറോ പറയോ ഏറ്റക്കുറച്ചിലുണ്ടോ ഇല്ലയോ അഞ്ഞു കാലം ഇന്നത്തെ രണ്ടാമത്തെ കിസ്മ ഒഴികെയുള്ള ബാക്കി മൂന്നില്ല ആ മൂന്നിലും ഏറ്റക്കുറച്ചിലുണ്ടാകാന്ന് നോക്കാം രണ്ടാമത്തെ കിസ്മ രണ്ടാമത്തെ കിസം എന്താ പറഞ്ഞത് ചെറിയ കുട്ടികളുടെ സമയത്തിൽ ഉണ്ടാകുന്ന ജാഹിദാത്തും ആദിഭാസും മുസ്താഹിദാത്തിനെ കുറിച്ചുള്ളത് അതിന് ആ അറിവാണ് ആ നെറൂറിയായി അറിവും അതിലേറ്റ കുറച്ചിലുണ്ടാവില്ല അതല്ല വഹിയിൽ നിൽമും നെറുറിയും നിജവാതിൽ ജാഹിദാത്തി ഉസ്ഹാരത്തിൽ മുസ്താഹിരാക്കുന്നവർ അതിന് തഫാമത്തേ ഉണ്ടാവില്ല ബാക്കി മൂന്നിലുണ്ടെന്ന് നോക്കാം ഇന്നമൻ അറപ്പ അന്നൽ വിച്ചിന്റെ അക്രോർ മിനൽ വാഹിനി അതാണല്ലോ ഒരു അറിവിലും ഇട്ടാലി രണ്ട് നല്ലത് ഒന്നിനാക്കാൻ അധികമാകുന്നു എന്നറിഞ്ഞാൽ അറഫായുള്ള നിസ്സിഹാരത്തൊക്കെ ഓരോ ദീസും ഷീ മക്കാനി അട അതുപോലെ തന്നെ ഓരോ ദിവസും ഒരേ അവസരത്തിൽ രണ്ടും മക്കാനിലുണ്ടാവൂല അതുപോലെ ഒരേ ശൈലി കഥയും ഹാധിസും ഒപ്പമാകൂല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വക്കലാക്കാരുണ്ടായി എല്ലാവരെയും വക്കൂലമായി തിരിച്ചു ഹിതറാക്കം മുഹക്കക്കം മിൻവായും അതുപോലെ മുഹക്കക്കാ ഇതാക്കുന്ന എല്ലാ കാര്യവും ഇതേ ഇനത്തിലെ കുറച്ചിലേക്ക് ഉണ്ടാവില്ല ബാക്കി മൂന്നെണ്ണുണ്ടല്ലോ ഏത് ഒന്ന് ഖരീദത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നെറുയായ ഒരേ കുറവങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട് സജീപത്ത് കൊണ്ട് കിട്ടിയത് മറ്റൊന്നോ സഹവാത്തിനെ പിടിച്ചടക്കാൻ മാത്രം ആകിബത്ത് കണ്ടെത്തിയിട്ട് കാര്യം നിയന്ത്രിക്കുന്നവർ മൂന്നെണ്ണോ ഇതല്ലേ അത് പത്ത് ആ മൂന്നു പേർക്കും തഫാപുത്ത് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് നാലെണ്ണ ആദ്യത്തെ ആ കുമ്മൽ നാലാമത്തെ ഹീകത്ത് എന്ന് പറഞ്ഞത് നാലാമത്തെ പേതറിയാൻ ഒരു പ്രത്യേക ശക്തി ഇവിടെ ആധിപത്യ സ്ഥാപിക്കുക എന്നതാണല്ലോ കൊണ്ടുവന്നത് ആ വിഷയത്തിൽ ആരിക്കും അപ്രത്യക്ഷമായ കാര്യല്ല നോക്ക് എന്ന് മാത്രമല്ലി ചിൽ വാഹിദി ഒരേ ഒരു എഫ് സി ആ വിഷയത്തിൽ തഫാബു ചില കാര്യങ്ങളിൽ അയാൾക്ക് പെട്ടെന്ന് മൂക്കിൽ കാണുന്നതിന്റെ മുള്ളരിക്കു പിടിച്ച മറ്റ് ചിലത് വളരെ ആത്മത്ത് വളരെ ചിന്തിച്ചു ഒരേ എസ് ടി കന്നു നോക്കാം താറത്തലി തഫാബത്തി ആ കാരണം എന്താണെന്നറിയോ ചില കാര്യങ്ങളോടുള്ള സഹവാത്ത് കഫാവുട്ടായതാണ് സ്ഥലം ചിലതിനോട് ചഹപാത്ത് കുറവായിരിക്കും ചിലതിനോട് കയ്യിലുണ്ടാവും ഇവനെ കീഴടക്കി അനുസരിച്ചാൽ മാറുക ഈ റെക്കാതിരി ആക്കിലോ ഒരാക്കിലായും തർക്കം ബാലു സഹവാസം ബാലു സഹവാഹത്തിനെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിയും ദൂന ബാന്ന് മറ്റു ചിലതിന് കഴിഞ്ഞില്ല എന്താ നമുക്ക് ബാലിന് കഴിയൂല കൈടെ മൊത്തത്തോട് പക്ഷെ അതിന്റെ മത്സരം അക്കുസൂറല്ലാന്ന് മാത്രം അതിനോട് ചെറിയ ചിലതിനെ പടം പറ്റുന്നുണ്ടാകാം നമുക്ക് ഉദാഹരണം പൈന ഷാബക്കാത് ഞാൻ താൻ തറുത്തി സിന ഷാബിന്റെ ദിനയൊഴിവാക്കാൻ ചിലപ്പോൾ റിയാസിറ്റി വരും വൈലാ കമ്മ അക്കലുഹോ അല്ലെ അക്കുൽ പൂർത്തിയായിട്ട് കമ്മിക്കുന്ന കതുരാലി അവിടെ ആദ്യം നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ ചനുഭത്യുദീയ വ്യത്യാസത്തെ നേരെ തിച്ചൊട്ടു അത് സദാത് കുമ്പത്തം വിൽക്കിപരി പ്രായമേറും തോറും അതിന് ശക്തി കൂടാമല്ലാണ്ട് അതിന് കുറവ് വരുന്നു അപ്പൊ ചഹബത്തോലിന്റെ അകത്ത് ഒരു ഭാഗത്ത് വർദ്ധിക്കുന്ന പ്രായം എത്തുമ്പോൾ കുട്ടികൾക്ക് അത്രത്തോളില്ല ഇനി അതിന്റെ ഈ ചഹവാത്തിന്റെ കത്തിക്കുറവാണ് വക്തിയെക്കൂട് തഫാപത്വത്തിൽ ഇൽനിന്നി അതിൽ കായിലത്തിൽ തിലിച്ച ചഹവാ ആ ചഹവാത്തിന്റെ കോട്ടങ്ങളെക്കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന ഇന്ന് കുറഞ്ഞതുകൊണ്ടോ കൂടിയതുകൊണ്ടാകാൻ ഉദാഹരണത്തിന്റെ വഴി അതായത് ഏക്കതൊരു തബീബ അയാൾ എക്തിമാറും ഒരു സബീബായ ഒരു മനുഷ്യന് വേഗം പാത്യാചരിക്കാൻ കഴിയും കാരണം ആ സമീപൻ ഈ മരുന്ന് ഈ മരുന്ന് ഈ ഭക്ഷണം കഴിച്ചാൽ ഇന്ന് തന്നെ കുഴപ്പങ്ങളുണ്ട് ഇത് ഇയാൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് സാധാരണ രോഗിനെ സംബന്ധിച്ചോളം ഈ മരുന്ന് കുടിച്ചാൽ എന്തുകൊണ്ടാണെന്ന് അത് കുടിച്ചാൽ പാൽ കുടിച്ച് കൂട്ടുമ്പോൾ എന്താണെന്ന് മീൻകുട്ടി കൂടെ എന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഏത് മനസ്സിലാക്കുകയില്ല അതായത് പറയുകയാണ് നമുക്ക് മീൻകുട്ടി തന്നെ എന്നാൽ അടുത്തു തീരുമാനിക്കാം മുതിർന്ന ആഴത്തിലാമിനെ സംബന്ധിച്ച് അയാൾക്ക് പത്യം ആചരിക്കാൻ തബീബിന് കഴിഞ്ഞു അല്ലേ പിന്നമാണ് മഞ്ുസാൻ ലക്കലി അലാദാലിക്ക ഇതാലം ലും തബീബൻ ആ കതിമാളമാണ് അങ്ങനെ വേണം ഞാൻ വിവാഹ തന്നെ തെറ്റിപ്പോയി വലിതാളി യോ തീമോ അലിറ്റി മാറി അതിന്റെ മുഖാബിലെ പറയാണല്ലോ ചെലപ്പോ സാധിക്കൂല മഞ്ഞു സാധീതി അക്കില ആരോട് കമ്മൊണ്ട് ഡോക്ടറോടുണ്ട് പക്ഷെ ഡോക്ടർമാരുടെ അറിവായിരിക്കില്ല ഈശ്വരക്കില്ല അയാള് ഇതാലും തീമൻ ആ സാധനത്തെ പറ്റിയില്ല അറിവില്ലാത്തത് കൊണ്ടും വൈകാനക്കത് അലൽജുമില്ലത്തി സീഹി മലർടാൻ മൊത്തത്തിൽ എന്തോ മലർട്ടുണ്ടെന്ന് ഏറ്റൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നിരാ കാണ ഇൻമുദ് സബീബി അത്തമ്മാണ് അശ്രദ്ധ സബീബിനെ സംബന്ധിച്ച് അയാളെ അശ്രദ്ധിച്ചു ഇവിടെ അഖിലാണല്ലോ തയ്യാറെടുക്കേണ്ടത് അഖിലിനെ പിന്തുണക്കാനുള്ള സാധനം വാങ്ങാൻ ഈ ഹൌഫെന്നുള്ളത് ഈ സാധനത്തിനെ അറിവ് ഹൌഫിനെ ഉണ്ടാക്കി ഫൗഫ് ആരെ സഹായിച്ചു പറയുന്നത് ഇത് ദോഷ്യമാണ് അതിനെ പിടിച്ചടക്കണം എന്ന് ചിന്താങ്ക പോകുന്നു ായ ഒരു മനുഷ്യനെ ചില മഴസ്യത്തെ ഒഴിവാക്കുന്നതിനേക്കാൾ ആലിമിനെ ഒഴിവാക്കുന്നില്ല അതിന്റെ കാരണം എന്താ മഴസീയത്തിന്റെ ലറോറിനെ സംബന്ധിച്ചറിവുള്ളത് കൊണ്ട് ഏത് ആലിമിനെ ഉദ്ദേശിച്ചത് വാലിയൽ ഞാൻ ആലിമെന്ന് ഉദ്ദേശിക്കുന്നത് അൽ ഹസീസിയായ ആലിമിനെ ഞാൻ ഉദ്ദേശിച്ചത് ദൂൻ അർബാബ് കയാലിത്തെത്തി തലീ കെട്ടുകാരില്ല ിൽ വർദ്ധിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ പെച്ചല്ലാണി പറഞ്ഞത് എന്ന് ഓപ്പി പറഞ്ഞില്ല രണ്ടുതാരോ ആ ഇവിടെ അൽ ആലിമ കൊണ്ട് ഉദ്ദേശം ഹസീഖ്യ ആലിമന് ചില ദോഷങ്ങൾ വർദ്ധിക്കാൻ പെട്ടെന്ന് സാധിക്കും ജാഹി ലി കൂലാണ് ഏത് ആലിമൽമൽ ഹസീഖ്യാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൂന അർബാബ് തയാലിസികം കട്ടി പുറത്തു സാലൽ ഇട്ടിട്ട് ഇങ്ങനെ വർദ്ധിച്ചു ഒരാണോ കൊണ്ടോ ഇങ്ങനെ നോക്കുമ്പോ ഒരാണോ ഇങ്ങനെ നോക്കിയാലും അസഹാബുൽ ഹെ ഞാനിതോട് ഉദ്ദേശിച്ചിട്ടില്ല അക്കൾക്കാണാവും ഷഹവാത്തിന്റെ ഭാഗത്തിൽ കൂടിയുള്ള തഫാവത്താണ് ഉണ്ടായതെങ്കിൽ ലം ജെ തഫാവുത്തിൽ അക്കൽ അഖിലിന്റെ തഫാവത്തിലേക്കൊന്നും മടങ്ങൂല അഖിൽ അതിന്റെ സ്ഥാനത്തന്നെ ഇന്ന് കൊണ്ടിട്ട് ഇതിന്റെ മുമ്പിൽ പ്രേരിപ്പിക്കുന്ന ഷഹവാത്താണിന് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അഖിലേക്ക് തഫാവിത്ത് മടങ്ങുന്നില്ല എൽമി എൽമിന്റെ ഭാഗത്തിൽ കൂടിയാണ് നേരത്തെ കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു താണല്ലേ പറഞ്ഞത് ഒന്ന് ഷഹവാത്തിന്റെ ചക്തി കൂടുതലോ പറയതോ നാലാമത്തെ മായനയുള്ള കാര്യം പറഞ്ഞതാണ് അല്ലെ എന്റെ ആക്ഷേപത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവാണോ അറിവുകടാണോ രണ്ടല്ല കാരണം പറഞ്ഞേ ഇത് പറയുന്നതാ ചഹവാത്തിന്റെ ശക്തി കുറവ് കുറച്ചെല്ലാം ഭാഗത്തിൽ കൂടിയുള്ള തഫാകുത്താണോ ഇവിടെ കാരണമെങ്കിൽ അത് അക്കിന്റെ തഫാഗത്തിലേക്ക് മടങ്ങൂല വൈകാനമിത്തിൽമിന്റെ ഭാഗത്തിൽ കൂടിയുള്ള തഫാകുത്താണോ എന്ന പ്രക്തറബ നിരൻ എൽമി അഖിലൻ നൈലൻ ഈ എൽമിനെ കുറിച്ച് മുമ്പ് അഖിലിന് പേര് കൊടുത്തിട്ടുണ്ട് മൂന്നാം നമ്പർ അല്ലേ ക്കൽ അവിടെ ശക്തി കൂടുന്നുണ്ട് തീമാ റജി എന്തിനേക്കാണോ പേരും എടുക്കൽ മടങ്ങിയത് അതിലാ തഫാത്ത് ഏതാ നമുക്ക് നെറൂർ ചെയ്യാൻ രണ്ടാമത്തേം മാനിയിലേക്ക് തഫാകുത്ത് നടത്തിയ ഒഴിവാക്കി ബാക്കിയുണ്ട് ഒന്നും രണ്ടും അല്ല മൂന്നും നാലും ബാക്കിയുണ്ട് അപ്പൊ പേര് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്തിനാണോ മടങ്ങിയത് അവിടത്തേക്കുള്ള തഫാപത്തി വിധം എന്ന് പറഞ്ഞാൽ വകതിയൊക്കെ ഒന്ന് തപാപത്തി ഖരീദത്തിൽ അക്കൽ ചിലപ്പോഴോ അക്കലി എന്ന് പറഞ്ഞ ഒന്നാം മേണിയില്ലേ ആ ഖരീദത്തിന്റെ തഫാപത്ത് കൊണ്ട് തന്നെയും ആവാം നമുക്ക് അതിനെ നല്ല ശക്തി കിട്ടിയ കാന കാലി സഹബത്തി സഹവാത്തിന് നല്ലോണം പരിചയം സഹബാത്ത് ശക്തി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്ത് ശക്തി മത്തായ സഹവാത്തിനെയും പറിച്ചറിയാൻ ആർക്ക് ശക്തി അശ്രദ്ധ കാനാന്റെ ഖബറാണ് അശ്രദ്ധ ഇനി അമ്മിസം മൂന്നാമത്തെ കിസ്മേതാ സജാദിബ് എന്ന് പറഞ്ഞത് അതല്ലേ കറും അതിലും ജനങ്ങൾക്കുള്ള തഫാഗത്ത് ഇവക്ക് നിഷേധിക്കാനാവില്ല ആയിരം രോഗികളെ പരിശോധിച്ചിട്ട് പാറ്റിട്ടാക്കി ഓപ്പറേഷൻ ചെയ്തിട്ടാക്കി ഡോക്ടറും അടുത്ത് ഫാസം വാങ്ങിയിട്ട് കഴിഞ്ഞ ഡോക്ടറും നമ്പർ ഇതുപോലെയാകുമ്പോ സജീവത്തിനനുസരിച്ചിട്ട് പ്രാക്ടീസിലാണ് എത്രയോ മാറുന്നുണ്ട് ഫൈനഹം ഇത്താപത്തവും ലഭിച്ച അത്തരത്തിൽ നന്നായി പ്രാക്ടീസും ഇനി നടത്തി നടത്തി ഓരോന്ന് കൈസലാക്കിയിട്ടുണ്ടല്ലോ അത് കാരണത്താല് ഇവർക്ക് തഫാപത്ത് കാണാം മറ്റൊന്നും കുറെ ആലോചിക്കേണ്ടി വരും ഇതറാസ് കൊണ്ടും അതിന്റെ കാരണം താന്ന് അനുഭവിച്ചിട്ട് പ്രാക്ടിക്കൽ ആയി കൊണ്ടുവന്ന രംഗണ്ടല്ലോ അതിന്റെ വർദ്ധനവാം ഒന്നാമത്തേത് അതും നിഷേധിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തേത് അഭിപ്രായി നാലിൽ വരുന്ന എണ്ണി മൂന്നിൽ വരുന്ന എണ്ണി ഒന്നിലെയും വരുന്നു രണ്ടിനെയും സ്വഭാവത്തിൽ ഇല്ല എന്നും പറഞ്ഞു സൈന്യം അച്ഛനൂരിഹോ മിസല് നൂരിപ്പലൻ നഫ്സി നഫ്സിന്റെ മേലുള്ള നൂറാണെന്നെ വണ്ട് പറഞ്ഞത് വസ്ത്രയോ ശുഭഹോ അതിന് അശുബായിരിക്കും ആദ്യം പത്തച്ചപ്പെടുക കുട്ടിക്ക് പ്രായം ഏറുംതോറും ഏറന്തോറും മനസ്സും പ്രായമായി പതിനഞ്ച് വയസ്സാകുമ്പോഴൊക്കെ ഉണ്ടായി അത് പൂർണ്ണ മറ്റൊരു ഒന്നിരലിന്ന് സമീപം കൊണ്ട് തുടങ്ങുന്നു ആ കരീസത്തിൽ അപാധിന്റെ സിന്നിത്തമീ അതിന് ഇസ്രാഖിന്റെ തുടക്കപ്പെടാ സമീതി തുമ്മലായു ജന്മു പിന്നെ അങ്ങനെ ഓരോ മണിക്കൂർ എന്തോരം കൂടി കൂടി കൂടി കൂടി വന്നിട്ട് എഴുതാത് നമ്പർ വൺ നൂല് കയറിക്കൊണ്ടേ നിൽക്കുന്നത് എങ്ങനെ ഹസിയ തതിരീ പക്ഷെ ഇങ്ങനെ ചലനം കാണൂല്ല ഹസീജാണ് മണിക്കൂർ സൂചിന് അടുത്തം കാണുന്നില്ല ഹസീയ തതിരീജാണല്ലോ തെക്കൻ സൂചിയുടെ പോക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ തന്നെ മണിക്കൂർ സൂചി നോക്കിയാട്ടെ അടിയിലെ അതിന്റെ പോക്ക് കാണില്ല പൂവിന്റെ പിരിയിൽ കാണോ പൂവിങ്ങനെ പിരിയുമ്പോൾ നൂക്കിന്ന് കെട്ടിങ്ങി ചെലിക്കുന്നത് കാണോ പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നിങ്ങൾ വല്ലോ ഇതാണ് ഹസീത്ത തിരി എത്ര വരെ ഇല്ല ഈ തക്കാമലും ആറും ഏതാണ്ട് നാൽപ്പത് വയസ്സൊക്കെ ഈ തക്കാമല ഐറ്റിങ്ങൾ വരും ആ കരി അതിനുദാഹരണം പം ഇത്താഹം നൂറ് സുബഹൻ്റെ എടുത്തോ സമിസ്കാരം കഴിഞ്ഞ പോലുള്ള പ്രകാശം പോലെ അല്ലല്ലോ മുഹായൊക്കത്തിന് ആ പ്രകാശം ഇല്ലല്ലോ ഇതൊക്കെ അവസരത്തിന് ആ കുറയുകയും ചെയ്യും അത് പൈസ ഇങ്ങോട്ട് ജീവിക്കുമ്പോഴും അല്ല ഇവിടെ കുറയുമ്പോ ഈ ഈ അതീതത്തിന് ഉപയോഗിക്കാനുള്ള ആലത്തിന് കഴിഞ്ഞാൽ അത് പ്രതിക്കേണ്ടി വരുമല്ലോ വണ്ടി താരമന്ത്രി ഡ്രൈവർ ഇവർ ഞാൻ പറഞ്ഞാലും വണ്ടിയൊന്നുമില്ല പറ ടയർ ബഞ്ചരായി പോയി അല്ലെങ്കിൽ ഡീസൽ കുറവാണെന്ന് വെച്ചാൽ അതായിപ്പോയി വന്നാലും എത്ര വലിയ മഹിളാ ഡ്രൈവർ പറഞ്ഞാലും ബൾഗി ഒന്നുമില്ല ഫൈൻ അവായി അതിന്റെ അവായിൽ എന്തല്ലോ ഖഫാൽ ഇങ്ങനെ വളരെ സതിയാക്കൊണ്ട് ഇതറാഖ് പ്രയാസമാണ് ൃയിലെ ജിയാത അങ്ങനെ ജിയാദ താഴിയായിരത്തുമ്പം ഇക്കോസിറ്റം നൂരന്റെ വട്ടം പൂർണ്ണമായിട്ട് പുറത്തുനിന്നോക്കിയെല്ലാം ഓണം മുതൽ താപത്ത് നൂറിൽ ബസീറത്തി നൂറിൽ ബസർ ഇതുപോലെ തന്നെ ബസീറത്തിന്റെ നൂറതാ ഉള്ളിലുള്ള അതിന്റെ നൂറിന്റെ ഏറ്റക്കുറച്ചത് കണ്ണിന്റെ കാഴ്ചന്റെ ഏറ്റക്കുറച്ചത് പോലെ തന്നെയാണ് ബാഹിലുള്ളതുപോലെ പച്ചന്താമേ വൽഫറുക്കും മുതടുക്കും ആഴ്ചക്ക് നല്ല ശക്തി തീർ ഒരു മനുഷ്യനും ഈ ആമശാണ്ടല്ലാകും എന്താ ശിമരം ബാധിച്ചേ ഓവാന്റെ കാഴ്ചയും നമ്മളുടെ വ്യത്യാസം പോലെ ഉണ്ടാകും ബസ് ജാസ് ഉള്ളാതും ഇല്ലാതും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ അതൊറ്റടിച്ചല്ല ജാതി ഈ ജാതി സതിരീതിയോടുകൂടിയേ ഉണ്ടാവുകയുള്ളൂ നമ്മാണ് സുന്ദത്തങ്ങനെയാണ് ത്തിൽ തന്നെ അയാൾക്ക് വലിയ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ മാറ്റം ഒന്നും ഇല്ലാന്ന മാറ്റങ്ങൾ തമക്കുനായി പടി പടി പടി പടി ആയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാകും ഓൻ ആഴ്ച കൊടുമ്പൊക്കെ തന്നെ മാറിപ്പോയിപ്പോഴുമ്പൊക്കെ അയാളെ മാറിപ്പോയിന്ന് പറഞ്ഞാൽ തൽക്കാലം എന്താ തക്കല് പാത്തു പുറത്തുനിടക്കുന്നു അർത്ഥം വരില്ലേ എന്താ എന്താ പണ്ട് ക്ലീൻ ചെയ്യുമായിരുന്നു ഇപ്പൊ താടി വെച്ചിരുന്ന അത് ഒരാഴ്ച വാർപ്പറക്കടി പോയില്ലെങ്കിൽ അടി വരണ്ടാവില്ലേ അണ്ട് സഹിതത്തിന്റെ മാറ്റം എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്ന അത് അലാറം വെച്ചാലും അന്ന് എയർപോർട്ടിൽ പോകണമെങ്കിൽ ഡ്രൈവർമാർ എത്ര വെച്ച് കാണിക്കുന്നുണ്ടി സഹിതത്തിന്റെ പ്രത്യേകത പെട്ടതാണ് അപകടമാക്കാനുള്ള കപ്പാസിറ്റി കൊടുത്തു മാത്രം എല്ലാവരും സാധിക്കില്ലാതെ അത് കുന്നത്തുന്നായി ജാതിയെ തുന്നല്ല വരുന്നു ഒരു ചെടിമുടക്കലെപ്പാന്ന് ഇന്ന് വെച്ചപാട് നാളേക്ക് തങ്ങായി മറ്റുന്നാളു വളർത്തി നിൽക്കാം നമുക്ക് തലമാരൊക്കെ തെരീക്കിലേക്ക് ഏറ്റു നോക്കേണ്ടി വരും ഇന്ന കറീതത്തെ ആ തലോറഫി കണ്ട ചഹബത്തിന്റെ അരീതത്ത് കുഫിയിലുണ്ടാവില്ല ഇന്തൽ ബുലോകിന്റെ അത്തം പട്ടം സിഫാ എല്ലാ കുബത്തുകളും എല്ലാ സിഫാത്തിന്റെ സ്ഥിതി അങ്ങനെ പടി പടി പടി പടി പരിച്ച കുറെശനുണ്ടായി വമന്ന അൻക തഫാവുത അന്നാസി സി ഹദീഥിൽ ഖദീസ ഈ ഖദീദത്തിൽ ഏത കുറച്ച് ഇസ്ലാമര് പറയുന്നുണ്ടെങ്കിൽ വകാനഹു മുൻ ഖലീൻ അദിബ കിൽ അഖില എന്നുള്ള دائറയിൽ നേന പോർത്തു പോയാന്ന് പറയനേ ന്യൂർത്തിയുള്ളൂ. ന്യൂറി അഖില എന്ന് വെച്ചോളാം. വമന്ന അൻ അന അഖദുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസലാഖു ആഹാദി സവാദിതി വഅദിലാഖിൽ ബവാദി കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങങ്കക്കുള്ള അഖില സാധാരണക്കാര അഖില പോലെയാണ് എന്നൊരാൾ മനസ്സിലാക്കി. എന്നാൽ സാധാരണക്കാരിൽ ഏറ്റവും താഴ്ന്നാടില്ലേ ആ താഴ്ന്ന പണിനകം താഴ്ന്ന പണിയിലാണ് ഈ മനസ്സിലാക്കാനുള്ളത് എനിക്ക് വിചാരിക്കുക തങ്ങൾക്കുള്ള ആണ് ഒക്കെ ഇപ്പൊ ഞങ്ങൾ തഫാപത്വങ്ങൾ കരീതം അതുകൊണ്ട് ഒന്നാമത്തെ മയനാക്കുള്ള ഖരീദത്തിന്റെ തഫാഗത്ത് എങ്ങനെ ഇൻഗാറാക്കും വലൗലാഹു ലമഖ്തലഫന്നാസ് ഫീ തഹ്മീൽ ഉലൂം ആ തഫാവുത് ഉള്ളതുകൊണ്ടാണ്ല്ലോ ഇൽമിന്റെ ഫർമിൽ പ്രത്യേക വിഷയത്തിൽ ജ്ഞാനങ്ങൾക്ക് വ്യത്യാസം വരുന്നത് നോക്ക് വലമംഗസമ ഇലാ ബലീദിൻ ലാ യഫഹമു ബി തഫഹീമി ലമഖ്തലഫ അൽ ജവാബി ബാക്കി വലംമാ നൈചുഡ അങ്ങനമ്പേ ശർത്താമ ജവാബാണ് ഉള്ളാ ഇത് ജവാബാണ് ഇതിന്റെ വലൗലാഹുന്റെ ഈ ഖരീസത്തിന്റെ വിഷയത്തെ തഫാവുത് ഇല്ലെങ്കിൽ ഇൽമിന്റെ ഫർമിൽ വിഷയത്തിൽ ഇختിലാഫ് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ബലീദും ബലീദല്ലാത്ത ആളും കാണാം ഒരു ചെറിയ ഇച്ചാൾ തുടങ്ങുമെന്നെ കാര്യം മനസ്സിലാക്കിയ ആളുമുണ്ട് കൊല്ലങ്ങളോളം പറഞ്ഞുകൊടുത്താലൊന്നും തിരിയാത്ത ആളുകളും കാണില്ല സുനീത വനമംഗസമോ ബലീദിലേക്ക് എങ്ങനത്തെ ബലീദ് ആക്കിയാലും തിരി ഇല്ലാ ബാലിൻ തവീലിമിഹിമി മുഹല്ലിമിന്റെ വക്കലിൽ കഠിനാധ്വാനം കഷ്ടപ്പെട്ടും എല്ലാം ഉണ്ടാക്കി പിടിച്ചിട്ടും ഒരോട് ചോദിച്ചാൽ ഓരോരുത്തരും വണ്ണം കെട്ടിട്ടുണ്ടാവില്ല ഇയാള് കഷ്ടപ്പെടാൻ മാത്രം അങ്ങത്തെ വലീത് വില്ലാദക്കി രണ്ടാം ശക്തിയില മംഗസമുന്ദ്രി അതിനാറംസും വൈശാഖം ചേർന്ന് ഈശാറപ്പൊരിങ്ങനാക്കിയുണ്ട് അപ്പോഴൊക്കെ എല്ലാം കാര്യം മനസ്സിലാക്കിയ ഒരു ദക്കി വേറിയുണ്ട് ഇതെങ്ങനെ ഇനി ആ രണ്ടിൽ തന്നെ മറ്റൊന്നുണ്ട് വൈല കാമിനും ഹക്കായിക്കൊന്നും ഓറ് വിരോധി താഴീം ഒന്നും ഇല്ലാതെ കണ്ടതന്നെ ഓരോ ആലോചനയിൽ തന്നെ ഉണ്ടാവും ചിലത് ഹക്കായി ഉടലെടുത്തിട്ടുണ്ടാവും തമ്പിയും പണ്ട് അങ്ങനത്തെ മൂന്നാമത്തെ അറുതിക്കാർ വേറിയുണ്ട് മൂന്നായില്ലേ അതിന്റെ ദൈത്യ പ്രകാശിക്കുന്ന തീ തൊടണമെന്നില്ലാന്നാ പറഞ്ഞാൽ അപ്പൊ തീ തൊടലില്ല എന്ന് പറഞ്ഞാൽ വേറൊരാളെ താലീമില്ലാതെ കണ്ടതിന് അതിന്റെ ദൈറ്റിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ചില ബുദ്ധിക്കാറുണ്ട് അവർക്ക് താലീമേ വേണ്ടിയിട്ടില്ല അതിനാ പഠിപ്പിച്ചതാ നൂറുനടാ നൂറ് ഇപ്പൊ കാലിക്കാതെ മാത്രമില്ല എന്നില്ല അല്ലെങ്കിൽ മുസ്ലാത്തു വസ്സലാമണ മൂന്നാം ക്രേഡുകാർ അവർക്ക് വേറെ അത്യാവശ്യം പഠിപ്പിക്കൊന്നും ഇത് എത്ത വിനീ മൂറൻ കാമികം അല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും വാത്തിനും തന്നെ മനസ്സിലാക്കും വേര് പറയുന്നത് വയൻ മിശ്രി അബ്ബറൻ അനുഭവിക്കുന്ന വൈപ്പുക്കാലം ഇന്ന റോഹൻ കുതിസിനീ ഊഹിന്ന് പറഞ്ഞു റൂഹൽ കുതി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ബോധിപ്പിച്ചു എന്താ ബോധിപ്പിച്ചത് ആ ഹബീബ് മൻബിബത്തെ നീ സ്നേഹിച്ചെല്ലാത്തിനും സ്നേഹിച്ചോ പക്ഷെ ഒരവസ്ഥ തിരിയേണ്ടി വരും തിരിയിലാണ് ഈ വേദന കണ്ട ഇനിയോ നീ എത്ര കാലം ജീവിച്ചോ എന്നാൽ ഒരവസരത്തിൽ വൈകിത്തേണ്ടി വരും നീ എന്താ അമൽ ചെയ്തോ എന്തിനു കുരി അംഗപ്പെടും ഈ മൂന്ന് കാര്യമാണ് മനസ്സിലിട്ടാവുന്നതും അത് പഠിപ്പിച്ചത് അത് ഇൽഹാം വഹാദൻ നമത്തും അമ്പിയാ അംബിയാക്കളത്തുള്ള ഈ താരീഫുണ്ടല്ലോ ഈ നമുക്ക് വ്യത്യാസമുണ്ട് ഇൽഹാം വേറെയാണ് തരിഹായ മഹ്യ വേറെ അത് അമ്പിയാക്കളത്തെഹാം അവനെയാക്കൾക്കും ഉണ്ടാകാം അല്ലെങ്കിൽ ഉദിനാകം ഇതുകൊണ്ട് തന്നെ ശരി വഴിയ കേൾക്കതും അപുസാദത്തിൽ മലയ്ക്ക് വിഹാസത്തിൽ ബസുറായിട്ട് വ്യത്യാസം കണ്ണുകൊണ്ട് മലക്കിന് താട്ടന്നെ കാണുന്നു കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു അങ്ങനല്ല അശരീന പണ്ണുന്നത് ശരീരമില്ലാത്ത വലി ലാലിച്ച ഇതുകൊണ്ടാണ് അഹമ്മറ ഒരു ഊതി കൊടുക്കുന്നതില്ലേബിലും യേനെ ഖബറ കറി വദരജാതുൽ വഹിയ തരീറത്തുൻ വഹിയൻ ദരജാതൻ ദാറാലമു അഞ്ച് മർതബയില ഏഴ് മർതബയില ഒത്തി വേരും ഉണ്ടെന്ന് ഈ ഗ്രന്ഥം മിസല കിതാബിലി ഏഴ് മർതബ വൽ ഖൗലു ഫീഹാ വഹിയൻ ദരജാതനെ കുറിച്ചുള്ള ചർത്തൻ ആയ യനികും ഇൽമുൽ മുഹാമലി മാതി യാദറു ബന്തവില്ലാ ബൽ ഹുവ മിൻ ഇൽമുൽ മുകാഷഫിൽ ഖത്തദവുന്നൂ ഹം അന്ന് ചോദിക്കും വിമൽ മുക്കാശഫയില് വഹീന്റെ മർത്തവ ചർച്ചക്ക് വിധേയമാക്കാം എന്ന് വന്ന് അതുകൊണ്ട് നിങ്ങളുടെ നിതിയാകുന്നതാണോ നിങ്ങളുടെ വാദം അല്ലെങ്കിൽ വഹീന്റെ വർത്തവ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ നെതിയാകുന്നു മരുന്നിന്റെ പേര് പഠിച്ചുകൊണ്ട് ഡോക്ടറാവുന്നില്ല കുറെ മരുന്നിന്റെ പേര് കണപ്പടക്കിയാലോ ഡോക്ടറാണ് ഒരു സാധനത്തെ പറ്റിയുള്ള അതുകൊണ്ട് ഇപ്പി സ്റ്റാഫ് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായു എതിർക്കുണ്ടാവില്ല അപ്പൊ ഒലോമൻ മുക്കാശയില് വഹീനെക്കുറിച്ചും വഹീന്റെ വർത്തബയെക്കുറിച്ചും ചർച്ച ചെയ്യാമെന്നല്ലേ പറഞ്ഞത് അപ്പം വിചാരിക്കണ്ട വലാതും തന്നെ അന്നമാരിപ്പത്തെ ദറജാത്തിൽ വഹയി വഹീന്റെ ദറജാത്തിനെ അറിവ് തക്തയും മൺസിമൽ വഹയി വഹീന്റെ മൺസിമയെ വാരിക്കലാണ് എന്ന് വിചാരിക്കണ്ട അതാണ് ഫസാനിമാമിനെ വാദിക്കണ്ടിയാന്ന് വാദിച്ചു ഇതേ ആൾക്കാർ തന്നെ തങ്കനക്കാരൊക്കെ പറഞ്ഞിട്ട് ശീലി അറിയിച്ചേക്കേണ്ട വെച്ചിട്ട് എനിക്ക് വഹീന്റെ വർത്തബത്തെ ഒലോമൻ മുക്കാശത്തിൽ പറയാൻ കഴിയൂന്നാണല്ലോ ഇപ്പുറം പറയുന്നത് ഓ അപ്പൊ നീക്ക് ലഭ്യമാള്ള വാദം ഉണ്ടല്ലേ അങ്ങനെ ജയിച്ചു വന്നിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഇതിൽ ആയപ്പോ അങ്ങനെ ഇപ്പൊ തബീബ് മരിയുള്ള ഏഹ്റാത്ത് സിഹത്തി ഒരു തബീബുണ്ട് അയാളെ രോഗിയാണ് അയാളെ തബീബായ വകയിൽ രോഗം സിഹത്തിന്റെ തറജാത്തിനെ കുറിച്ചെല്ലാം അറിഞ്ഞു അതുകൊണ്ട് സിഹത്തിന്റെ തറജാത്ത് അറിഞ്ഞത് കൊണ്ട് തബീബായത് കൊണ്ട് അറിയാമല്ല അതുകൊണ്ട് ഇയാളെ മരിയിൽ മരിയുന്നല്ലാന്ന് പറയാൻ പറ്റുമോ അവ മറന്നുണ്ടാവുക എന്നത് വേറെ സിഹത്തിന് അറിയല്ലെന്നത് വേറൊന്നാം സിഹത്തുണ്ട് അയാൾ ഇൽമുപയോഗിച്ചിട്ട് അഡാലത്തിന് ദറജാതെല്ലാം പഠിച്ചു വെച്ച് മുത്തെല്ലാം മൊത്തമുണ്ട് പക്ഷോണ്ട് ഇയാള് ഫിസ്കുലിന്റെ അടിയിലായ തബീബ് ൊട്ട് ഹാലിയാന്ന് പിന്നെ പാട്ടിക്കായ ആലിമുണ്ടെങ്കിലും അദാലത്തിനെ തൊട്ട് ഹാലിയാന്ന് കുറിച്ചുള്ള അറിവ് എന്നുള്ളത് വേറെയാണ് അറിയപ്പെട്ട താവൻ വീണ്ടും ഉണ്ടാവുക എന്നത് വേറൊരു കാര്യം വിലാസിനെ കുറിച്ചോ ഒരാൾ അറിഞ്ഞു എന്നാൽ കാനനടിയൻ എതിലേക്ക് നോക്കിട്ട് അറപ്പൻ നൂപത്ത കാന നദീയൻ അദ്ദേഹം വൻവിലായത്തെന്ന് പറഞ്ഞാൽ ഇന്നതാണെന്നും വന്നിത്രം അർത്ഥം ഉണ്ടെന്നും എന്നൊക്കെ അറിഞ്ഞു കറാമത്തെന്ന് പറഞ്ഞു ഇതാണെന്ന് അറിഞ്ഞു എന്നാൽ ഇവം വലിയ കറാമത്തും ആളായിക്കൊള്ളുന്നുണ്ടോ അത് വേറൊരു കാര്യം അതുകൊണ്ട് ൽമെ ദർജാത്തുൽ വഹി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ കാരണത്താലും ആ വസായുധങ്ങൾ എനിക്കാണെന്ന് വാദിക്കുന്നു എന്ന് മുലക്കുമാറും പറഞ്ഞിട്ടാന്ന് പറഞ്ഞാല് അവർക്കന്നല്ല ബന്ധപ്പാട് വിധിക്കുല്ലം അറപ്പ തക്ക തക്കായി കാന തക്കാൻ തക്കവയെ കുറിച്ചും വറയിനെ കുറിച്ചും അതിന്റെ ദസിക്കായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ആരാവുന്ന കല്യാണം മുട്ട കേൊള്ളുന്നില്ല وَلْكِتَابَ مَنَاهِ إِلَامَن يَتَنَبَّهُ مِنْ نَفْسِهِ وَيَفْهَمُ وَإِلَامَن لَا يَفْهَمُ إِلَّا بِتَأْنِيبٍ وَتَأْدِيبٍ وَإِلَامَن لَا يَفْهَمُ تَأْنِيبًا وَتَأْدِيبًا كَمِثَالِ الْأَرْمِي يُبَيِّنُ بَدِيٌّ يُدَارَنَامَارِنُ مَنشَن مಾರಿ பெතරදරകാരാകി ഒന്ന് স্বয়ং തനബഹുന്നൊരു കുട്ടറുൽ വൽകിതാമുന്നാതിലാമൻ യതനബഹു മിൻ നഫ്സിഹി വയഫഹമു ഒന്ന് വിലാമൻ ലാ യഫഹമു ইল্লা ബിതൻബീഹി വതഅദീബി തൻബീഹിം തഅലീമുണ്ടാജാലേ ദിയുള്ള അങ്ങතර കുട്ടറുൽ രണ്ടില്ലേ അപ്പൊ ഇതാ നേരത്തെ പറഞ്ഞ മൂന്നാം കൂട്ടർ ആദ്യം ഇവിടെ ഇന്നോട്ടക്കണ്ടോ തനപ്പ് വേണ്ട തമ്പിയൊന്നും വേണ്ട സ്വന്തം നക്സലിൽ തന്നെ തനപ്പുണ്ടാകുന്നൊരു കൂട്ടർ ഒന്നും അത് നേരത്തെ പറഞ്ഞ അമ്പിയാക്കളെ മൂന്നാം താഴ്പ്പ വേറൊരു നാള് തമ്പിയും താലിയും നടത്തിയാൽ ചെയ്യുന്നൊരു കൂട്ടർ മൈലാമല്ല എം ഫാലിയും ഒരു താലിയും നടത്തിയാൽ ഒരു മാറ്റം വരാത്തൊരു കൂട്ടർ ജില്ലി നെയ്ച്ചോർ ഒന്നോട് വഴു കത്തിച്ചിട്ട് ജില്ല നമുക്ക് അറ്റമിറായിട്ടുണ്ടാവില്ല ബന്ധിട്ടേ ഉണ്ടാവില്ല പല ചെയ്യാത്തൊരു കൂട്ടുന്നു ഇതേമാതിരി ഭൂമിയിൽ ഇണ്ടെന്നാ പറയുന്നത് എങ്ങനെ ഇലാൻ ഭൂമിയിൽ അതിനുള്ളിൽ തന്നെ വെള്ളമുണ്ട് ആ വെള്ളം ശേഖരിച്ചിട്ട് ഉറവായിട്ട് ഇങ്ങനെ ഏത് കാലത്തും അതിൽ നല്ല നീരുറവായിട്ട് ആടെ വെള്ളം ആര് കുഴിച്ചിട്ടുണ്ടെ വെള്ളം കൊണ്ടു എഴുതി ഒന്ന് രണ്ടാമത്തെ കൂടെ അതാ കുഴിച്ചിട്ട് കിണറാക്കി എടുക്കുന്നു അതാ വൈരാമായ കുഴിക്കണം കുഴിച്ചാൽ വെള്ളം കിട്ടും അല്ലെങ്കിൽ വെള്ളം കാണൂല അതാണ് പഠിപ്പിച്ചാ പഠിക്കും എന്ന കൂട്ടറി ഇനി ഒക്കെ എന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുഴിച്ചെടുത്തിട്ട് നല്ല ഒരു ചടകം വലിയ അതിന്റെ വെള്ളം കുഴിച്ചെടുക്കാം കിണർ Rrowý, books, ി വെള്ളം കിട്ടാത്തത് ബഹുവൽ തുണങ്ങിയ ഭൂമിയുണ്ട് അതിന്റെ വകമുണ്ടാവില്ല കുഴിച്ചാൽ തണന്ത വിളിച്ചാളിന്നു മാത്രം അതെന്താ അങ്ങനെ മാറി യുവദാലികൾ ആ ഭൂമിയെടുത്തലെ സിഫാത്തിന്റെ വിത്യാസങ്ങളാണ് ൾക്കുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് ഇപ്പോഴും കണ്ടത് എത്ര വർദ്ധിച്ചാലും പഠിക്കാത്തത് പഠിപ്പിച്ചാ പഠിക്കുന്നത് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പഠിക്കുന്നത് ഇനി അങ്ങനെ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഹരീസ് ഉണ്ടെങ്കിലും നക്കലിന്റെ ഭാഗത്തിൽ കൂടിയുള്ള തെളിവ് പറയാ മാഅറബിയ അൻ അബ്ദുല്ലാഹി അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു തഹൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു ഈ ഹദീസൻ തവീൽ എന്നുണ്ട ഹദീസാണ് ഫീ ആഖിരിഹി അബിൻ ആഖിൽ എന്ന വസ് ഇലമിൽ അർഷ് അർശിന്റെ വലിപത്തിനെക്കുറിച്ചുള്ള ഒരു വർണ്ണന ഉണ്ട് വാണ്ടൽ മലായികത്ത കാലത്തെ യാ റബ്ബനാ ഹൽ ഖലഖത ഷൈഅൻ അലമിൽ അർഷ് അർシナ കാണ വദിയറു സാല നീ പടച്ചിട്ടുണ്ടോ എന്ന് മലായികത്ത് ചോദിക്കുന്നു ഖാലന ഹം പറഞ്ഞു അൽ അഖൽ മാ അർシナ കാണ വദ അഖലം അതിന്റെ ഇഹാത്ത ചെയ്യാൻ സദ്യയല്ല ഹല്ലക്കും ഇൽ നമ്പി അതന്ത് മണല് എത്ര കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയോന്ന് ചോദിച്ചു തിരിച്ചുപോയി മരം കണ്ടെത്തുക എന്ന് പറയാൻ കഴിഞ്ഞോ ഇല്ലാത്തത് പോലെയാണ് കാലൂല قال الله قال الله عز وجل فيني خلقت الخلق اثنافن شطاع كعدد الرمل من الارنده எண்ண മോനെ അസ്നാഫായിട്ടാണ് അക്കണം ഞാൻ പഠിച്ചത് ഫമിൻ നസുമൻ വത്തി ഹബ്ബതൻ അതിൽ നിന്ന് ഒരു ധാന്യത്തിന്റെ അളവ് കിട്ടിയാലുണ്ട് വമിൻ നസുമൻ വത്തി ഹബ്ബതൻ രണ്ട് ധാന്യത്തിന്റെ അളവ് കിട്ടിയാലുണ്ട് വമിൻ നസുമൻ വത്തി തദാഫ മൂന്ന് കൊടുത്താലുണ്ട് അൽ അർബഅ നാല് കൊടുത്താലുണ്ട് വമിൻ നസുമൻ വത്തി ഫറക്കൻ ഒരു ഫറ ചെറിയ തോરાയേ ചെലന്നിട്ട് അങ്ങനെ എത്രയുണ്ടായി വമ്മുംസക്കൻ ഏഹ് വസക്കെന്ന് പറഞ്ഞാൽ അറുപത് സഹം ഉണ്ടാവും അല്ലെ അറുപത് സഹം അത്ര കിട്ടിയാലുണ്ട് വം ഇന്നും മനുവക്കി അത്ര മിന്താ ല അതിനേക്കാൾ അധികം കിട്ടിയാലുണ്ട് കുറച്ചോ അളവിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നു പൈൻകുൽത്ത ഏ ഇനി ചോദ്യം അപ്പൊ അച്ചിൽ ഇത്ര പോരിച്ചുള്ള സാധനം അല്ല സൂപ്പിയാക്ക അറ്റിലിനെ വെല്ലാണ്ട് കലുകുന്നുണ്ട് അപ്പൊ തോപ്പിയാക്കുന്ന മുന്തിയ സാധനം കളങ്ങുന്ന കൂട്ടം എന്നാണോ മനസ്സിലാക്കേണ്ടത് അതെന്തങ്ങന അതിന് മധുപരോടിയാണ് ഇൻകൂർ അക്വാമി മുട്ടസമീപത്തിവാനും കേട്ട് കുറച്ചാളുണ്ട് അച്ചിലെയും പറയോ മായും ചീത്ത പറയോ അതെന്താ അങ്ങനെയാണ് അത് പറഞ്ഞത് നല്ല കൂട്ടറാണെന്ന് മനസ്സിലാക്ക ഏതോ ബെടക്ക് അച്ചിലുണ്ട് അതിന് ഒരു കൂറ് പതിനാണ ഫലം അന്നീഹി യും ഓർക്ക് അലമ്പാനുള്ള കാരണം എന്താ പറയുക അക്കലേ മാതിന്റെ ഓർ പുതിയൊരു പ്രയോഗത്തിന് ജനങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി അതെന്താന്ന് പറയോ മുജാബല മുനാദറ അതുപോലെ മുനാക്കളാത്തി പരസ്പര വൈദ്യമായ ലേഖനങ്ങൾ സംഘം പറയില്ലോ ഒന്നാം ബുക്കിൽ എങ്ങനെ പറഞ്ഞു രണ്ടാം ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഓർ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു മുനാക്ലാത്ത് ഇവിടെ നിന്ന് തലമുറക്കാത്തവൻ ആടെ പോയിത്തോ തൗലം പറയുന്നു അതാ ഗുണാക്കളാക്കും പരസ്പര വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളാകുന്ന വാക്കും പ്രവർത്തനങ്ങളും അതെല്ലാം എടുത്തിട്ട് ഇലസാ മാസത്തുകൾസാ മാസാക്കുന്ന പരിപാടി എന്താണെന്ന് ഒരു തരം ഒരുതരം ഒരുതരം വക്രവിദ്യ മറ്റുള്ള കൊടുക്കാൻ അബ്ദുൽ കലാമാണെന്ന് ആ ജാതി അക്കല്യം മാക്കൂലെന്ന് ആര് കലണ്ടിയത് സോഫിയാക്കൾ കലണ്ടിയത് പല അലാ യുക്തരു ഇന്തസും അന്നത്വം നിങ്ങൾ ഈ അക്കളിയമാക്കൂലും ഇതിന് പേര് കൊടുത്തതിൽ തെറ്റിപ്പോയി എന്ന് പറയുന്ന വിഷയത്തിൽ ഓർക്ക് സാധിച്ചില്ല അവിടെയാ തെറ്റിവെക്കില്ല നല്ലൊരു കാര്യത്തിന് ബടക്കുറ ആവശ്യത്തിന് പ്രയോഗിച്ച പ്രയോഗത്തിലെ തെറ്റി ആ സത്മീയത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഹതവ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊടുക്കാൻ സാധ്യമാവാത്തോണ്ടായി ഒരു മൊത്തം കളിമെന്ന് ഇത് കാണാൻ ആ എന്മഹി അൻകോലോമഹി ബാധ തടാകുരോബം ആരം തന്നെ പേര് കൊടുക്കലും നാട്ടിൽ അത് നടപ്പിലാകലും കൽബുകളിൽ ഉറക്കലും കഴിഞ്ഞപ്പോ അത് മായിക്കാനേ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പേരോടുക്കല മാറ്റണം പേരോടുക്കല മാറ്റണം എന്നായിരിക്കും അത് മാറ്റാൻ കഴിയാത്ത ചുറ്റുപാടിൽ വന്നപ്പോൽ മൊത്തം കൽമണ്ടി വന്നു ചിലതിന്റെ ചില പേടം കൊടുത്തു പിന്നെ അത് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് അക്കലുമാക്കുവാൻ ഓർ ഉണ്ടാക്കി അങ്ങ് വിമർശിക്കാൻ തുടങ്ങി ഏ ഒരു നൂറുൽ ബസ് ഇറത്തത് അക്കലിനെ ആ ബസ് സുഹ്യാക്ക് ആരെങ്കിലും കൽബം അത് ഉപയോഗിച്ചല്ലേ അള്ളഹാനെപ്പറ്റി അറിയലും അമ്പയാമൃത്തിന്റെ സിഫാത്തിനെ കുറിച്ച് അറിയലും പക്കൈ ദമ്മുഹു അങ്ങനെ ദമ്മു ചെയ്തു എങ്ങനെ തസഫുറാക്കൽ എങ്ങനെയാണ് മഹാനുഹു മത്താലി അല്ല സ്വദിച്ച അവസ്ഥയ്ക്ക് അതിന് ദമ്മ ചെയ്യൻ്റെ ഇനി ആരെങ്കിലും അതിനെ ആക്ഷേപിച്ചത് വെക്കാ എന്ന പമി ബാധവ് മുഹമ്മദും പിന്നെ അതിനുശേഷം പിന്നെ ശുധിക്കുന്ന വസ്തു എന്താ ഭൂമിയിൽ ഉണ്ടാകുക പള്ളിയെ ബഹുമാനിക്കില്ല പിന്നെ ഏത് സ്ഥലത്തിനെ ബഹുമാനിക്കുന്നു ബഹുമാനിക്കില്ല പിന്നെ ഏത് സ്ഥലത്തിന് നിങ്ങൾ ബഹുമാനിക്കാന്ന് വെച്ചാൽ മതി നബീസല്ലാഹ് എന്ന മതങ്ങളോട് അതമ്പ് കാട്ടൂല പിന്നെ ഏത് വ്യക്തിയോട് നിങ്ങൾ അതമ്പ് കാട്ടുക ഫൈൻഖാനൽ മഹമൂദ് ഹുബറ ഫിമി ഒലിമ സിഹത്ത് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാധനം ഏതാണ് അള്ളാന്റെ ഈ ഷെറായ് മഹമൂലി ബില്ല് എന്തുകൊണ്ടാണ് അത് അച്ഛനോണ്ടല്ലേ ഫൈൻ ഒലിമ ബിൽ അഖിലിൽ മതുമോ മതമോവുമായി അച്ചൽ കൊണ്ട് അറിൽ നിന്നാണ് ഓക്കുന്നത് അല്ലെങ്കിൽ ഈ ലായുസക്കോ ബി അങ്ങനെയാണെങ്കിൽ അത് കളിച്ചെടുത്തപ്പെടാൻ പറ്റിയില്ല മതമുമായ അക്കരി കൊണ്ടാണ് ചെറക് സഹിയാണ് ബിജി അപ്പൊ പഴക്കൂന്ന് എല്ലാം മതമുമാവണ്ടി വരും ഇതൊക്കെ നൂരെണ്ണിമാൻ കൊണ്ടാണ് അക്കടി കൊണ്ടല്ലാന്ന് ചിലവ് പറഞ്ഞേക്കും ഇത് ചെറിയറിഞ്ഞത് എന്തുകൊണ്ടല്ല അച്ചടി കൊണ്ടല്ല അയിന്നൂർ ചക്കയും കൊണ്ട് നൂറെണ്ണിമാൻ കൊണ്ടാണ് അല്ലേ അക്കിലുണ്ടല്ലോ എന്തായി നൂറുൽ ജക്കീൻ ഈ നൂറുൾമാൻ എന്തായി അനു ജീൻ എന്ന് പറഞ്ഞതൊക്കെ അതും അക്കി ഒന്നെയാണോ അന്ന് ഞമ്മളിത്തരത്തിലേക്ക് പറഞ്ഞുകൊണ്ടല്ലോ അക്കിണ്ടല്ല അയനുജൻ കൊണ്ട് നൂറുൾമാൻ കൊണ്ടെത്തുന്നല്ലേ ഫൈനാ ഫൈനീത അനു ജീനിൽമാൻ എന്നാ നമ്മൾ പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന ആക്ട് നിങ്ങൾ പറഞ്ഞ അയുൽ ജക്കീൻ ഉണ്ടല്ലോ രണ്ടും ഒന്നെയാണ് അപ്പൊ ലഫ്സിന്റെ വ്യത്യാസം ആഫത്ത് ഉൽത്തുള്ള അതിൽ ബഹായും മൃഗങ്ങളെയും വിട്ടിട്ട് മനുഷ്യൻ വേർതിരിയുന്ന ഒരു ബാത്തിന എന്തോ ഒരു സിഫത്തുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തിന്റെ ഹബീകത്ത് മനുഷ്യൻക്ക് തിരിയുന്നു അൽഫാ അൽഫാദിൽ കൂടി ഹക്കായിക്കാകുന്ന കാര്യങ്ങളെ തേടാൻ കഴിഞ്ഞ് ചെറിയ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള തഹബീത്ത കുറങ്ങുന്നത് ആദ്യം കാര്യം കണ്ടെത്തിയി പേരെന്തോ കൊടുത്തോ പേരിൽ നിന്ന് ഹെഗായി കണ്ടെത്താൻ ഇങ്ങനെ അൽഫാദ് ജനങ്ങളുടെ ഇസ്ലാഹത്തിനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പൊ ഈ അൽഫാദിൽ കൂടി കണ്ടിട്ട് ഹെഗായിക്കിലേക്ക് കടന്നാൽ ഏതോ ഐറ്റുക നമ്മുദ്ദേശിക്കുന്ന സ്ഥലത്തിക്കൊള്ളുന്നില്ല ആ ഇസ്ലാഹുകാരുടെ ഇസ്ലാഹച്ച അങ്ങനൊക്കെ പോകും فهاذا القدر كاف في بيان العقل والله تعالى تم كتاب العلم الحمد لله تعالى ومنه ومنه وانت عندك وصلى الله على سيدنا محمد وعلى كل عبدي مصطفى من اهل الارض وتمام يتلو ان شاء الله تعالى كتاب قواعد اللقاض الحمد لله واحده اولا واخيرا ان قواعد اللقاض ان شاء الله